അങ്ങനെ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകുകയും അദ്ദേഹത്തിനുണ്ടായിരുന്ന ദുരിതത്തെ നീക്കിക്കൊടുക്കുകയും ചെയ്തു നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യമായും ആരാധകർക്കു ഒരു ഓർമ്മപ്പെടുത്തലായും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അവർക്കു തുല്യമായ മറ്റൊരു കുടുംബത്തെയും നാം അദ്ദേഹത്തിന് നൽകി